യഥാവിധ നവാൻ നരോവര തഥാ ശരീരാതീർണ്ണായി അന്യാ സൂര്യാണി നവാൻ ശരീരം തൃജതാം തത്തശരീരീരീരഗ്രഹണേർണ ഇവ ഭക്ഷമിത്തമേവ അത്ര ലഭ്യത ഇത്രയുള്ള ഭാഷ ഇവിടെ കൂടുതലായിട്ട് പറയുന്നത് ധർമ്മയെ ശരീരത്തിൽ ധർമ്മയുദ്ധത്തിന്റെ ശരീരം ഉപേക്ഷിച്ചാലും ശരീരം നഷ്ടപ്പെട്ടാലും മരിച്ചാലും നടത്തി രക്തശരീര അധിക തര കല്യാണ ശരീരം ഉപേക്ഷിച്ച ശരീരത്തെക്കാളും ശ്രേഷ്ഠമായ ദിവ്യമായ ശരീരം ഗ്രഹിക്കാൻ തരും എന്നുള്ള ശാസ്ത്രമേ ശാസ്ത്രത്തിൽ അറിയാൻ പോലും ഉപനിഷത്തിനും മറ്റും പറയുന്നുണ്ട് ഉപാസകന്മാർക്കും മറ്റും മരിച്ചു കഴിഞ്ഞാൽ പരലോകത്ത് ദിവ്യമായ ശിഖിങ്ങൾ അതുപോലെ കൂടെ ശാസ്ത്രം പുരാണങ്ങളിലും മറ്റും മഹാഭാരതത്തിൽ തന്നെ പറയുന്നത് യുദ്ധത്തിനും മരിച്ചു കഴിഞ്ഞാൽ ദിവ്യമായ ശരീരം കിട്ടും ഇങ്ങനെ പറയുന്ന ഇതാണ് എന്റെ അർത്ഥം രാമാനുജാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ് യുദ്ധത്തിൽ മരിച്ചു കഴിഞ്ഞാൽ ദിവ്യമായ ശരീരം കിട്ടും എങ്ങനെ ഉപാസകന്മാർക്കും മറ്റും പല ലോകത്തെ ദിവ്യ അതുകൊണ്ട് യുദ്ധം ചെയ്തു മരിക്കുക കൊണ്ട് അർജുനനോട് പറയുക ഭീഷ്മത്തിലോണാദികളെ കുറിച്ചൊന്നും ഒരിക്കലും ദുഃഖിക്കില്ല വ്യാഖ്യായിരിക്കും അവരൊക്കെ അജീർണ ശരീരമാണ് ഒരുപാട് പുണ്യങ്ങൾ ചെയ്തവരാണ് അപ്പോൾ ഈ ജർജല ശരീരങ്ങളുമായിട്ട് അത് എന്തെങ്കിലും ജീവിക്കുക അവർ കൊള്ളുക അവരെല്ലാം മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കരുടെ ഓർത്ത ദിവ്യമായ ശരീരം കെട്ടും അതുകൊണ്ട് കൊള്ളുക എന്ന് പറയുന്നത് ഹിംസ അല്ല എന്ന് മാത്രമല്ല അതൊരു പുണ്യകർമ്മം കൂടെയാണ് എന്തുകൊണ്ട് ഈ വൃദ്ധന്മാരെയൊക്കെ കൊണ്ടുള്ളവർക്കും നല്ല ശരീരം കൊടുക്കും ഇതാണ് എൻ്റെ അതിൻ്റെ വ്യാഖ്യാനത്തിനും എല്ലാം കൂടെ ചേർത്ത് ഞാൻ പറഞ്ഞു അപ്പൊ ഇതാണ് എന്റെ അർത്ഥം എന്ന് പറയുമ്പോൾ ഇത് കാലോചിതമാണെന്ന് ചോദിച്ചല്ല ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് ആ പുനർജന്മസിദ്ധാന്തമനുസരിച്ച് മരിച്ചാൽ ശരീരം സ്വീകരിക്കും അതൊക്കെ ശരിയെന്ന് ചോദിക്കും പുനർജന്മസിദ്ധാന്തത്തെ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച് അതൊക്കെ ശരി പക്ഷെ ഒരാൾക്ക് പുതിയ നല്ല ശരീരം കിട്ടുമോണ്ട് കൊല്ലാമെന്ന് പറയുന്നത് അത് ഇന്നത്തെ കാലത്ത് പറയില്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളതായിരിക്കും എന്തായാലും നല്ല ശരീരം കിട്ടുമെങ്കിൽ അവർക്ക് മരിച്ചിട്ട് പോയി പൊണ്ണിം ചെയ്ത് അതിൽ പോയി നല്ല ശരീരം സ്വീകരിക്കട്ട് ഏതെങ്കിലും ഇതിനോട്ട് പോയി അതിനെ കൊല്ലണം അവസാന സമയം എന്നൊക്കെ അതുകൊണ്ട് അത് അതിന്റെ അർത്ഥം പറഞ്ഞു പോയി കഴിഞ്ഞാൽ അതൊക്കെ ശരിയാണെന്നും പറഞ്ഞുവെന്ന് തോന്നുന്നു അങ്ങനെ ധരിക്കണ്ട അങ്ങനെ കഴിഞ്ഞ് വെച്ച് യുദ്ധകാലത്ത് അങ്ങനെ കഴിഞ്ഞു വെച്ചെങ്കിലും ഇന്നതൊന്നും സ്വീകാര്യമായ കാര്യങ്ങളല്ല ധർമ്മയുദ്ധം അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് വാക്ക് വരുമ്പോൾ വീണ്ടും പറയാതിരിക്കാനും പറ്റത്തില്ല രണ്ടു തരത്തിൽ പറയാം ധർമ്മമായ ധർമ്മത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധം ധർമ്മം എന്ന് പറഞ്ഞാൽ അവിടെ നീതി ന്യായീ ശരി സത്യം ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള പറയാം അവിടെയാണെങ്കിൽ ഇതൊക്കെ വേണ്ടതാണ് ന്യായം വേണം നീതി വേണം ശരി വേണം സത്യം വേണം ധർമ്മം അതൊക്കെ ആണെങ്കിൽ അതൊക്കെ ആവശ്യമുള്ളതാണ് പക്ഷെ അതിനു വേണ്ടി യുദ്ധം ബന്ധിച്ച കൂട്ടക്കൊല നടത്തുക അത് വേണ്ടതാണോ എന്ന് വേണ്ടതാണെന്നും മനുഷ്യരെ ബോധ്യപ്പെടുത്താൻ പ്രയാസം അങ്ങനെയുള്ള ന്യായവും നീതി ഒക്കെ നടപ്പിലാകുന്നതെന്ന് യുദ്ധത്തെ ഒഴിവാക്കി മറ്റെന്തെങ്കിലും വഴി നോക്കുക എന്നും ഇന്നത്തെ സമൂഹം ചിന്തിക്കും പണ്ടിക്കലെയൊക്കെ ചിന്തിച്ചിരുന്നു അത് ശരിയാണ് പക്ഷെ ഇന്നങ്ങനെ ചിന്തിക്കുന്നില്ല ആ സമൂഹം ഇന്നതൊക്കെ നടക്കുന്നുണ്ട് മോഷണം നടക്കുന്നുണ്ട് അതുകൊണ്ട് ജനങ്ങളെല്ലാം മോഷണത്തെ അനുകൂലിക്കുന്നു അർത്ഥമുണ്ട് കൊള്ളയും പല നടക്കുന്നുണ്ട് എന്ന് ചോദിച്ച് സമൂഹം അതിനെ അംഗീകരിക്കുന്നു അതിനർത്ഥമുണ്ട് യുദ്ധമൊക്കെ ഇന്നും നടക്കുന്നുണ്ട് സമൂഹം അംഗീകരിച്ചിട്ടില്ല അതങ്ങനെ നടക്കുന്നു പഴയതെങ്കിലും ഒരു ഭാഗ്യമാണ് അപ്പൊ ആ രീതി നോക്കിയാലും എന്താണ് നന്മ നീതി അതിനൊക്കെ വേണ്ടിയിട്ട് കൊല്ലുക കൊല നടത്തുക എന്ന് പറയും ഒരു സംസ്കൃതം മനസ്സിൽ സ്വീകരിക്കാൻ പറ്റിയൊരു കാര്യമേ അല്ല അത് ഒഴിവാക്കേണ്ടതാണ് പിന്നെ ധർമ്മയുദ്ധത്തിന് വേറെ അടുത്തം പറയാൻ എന്താണോ ധർമ്മം നിലനിൽക്കുന്ന യുദ്ധം യുദ്ധത്തിൽ ധർമ്മം മാത്രമേയുള്ളൂ നീതിയേയുള്ളൂ ശരിയേയുള്ളൂ സത്യമേ ഉള്ളൂ അവിടെ വഞ്ചനയില്ല കളവില്ല ചതിയില്ല യുദ്ധത്തിൽ കുറെ നിയമങ്ങളുണ്ടാക്കുന്നു ആ നിയമങ്ങളനുസരിച്ച് യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞാലോ അതും ശരിയാകില്ല ലോകത്ത് ഒരു യുദ്ധവും യുദ്ധമാണോ പോലെയാണോ അവിടെ നീ പറയുന്നു ഒന്നും നടത്തത്തില്ല അവിടെ യുദ്ധം ചെയ്യുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഈ പറയുന്ന സത്യവും രീതിയും ന്യായവും എല്ലാം അതിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് വേണ്ടി എന്ത് കള്ളത്തിൽ മഹാഭാരത യുദ്ധം അങ്ങനെയുള്ള ഒരു ധർമ്മയുദ്ധമാണെന്ന് ചോദിച്ചാൽ എന്നുകൊണ്ട് രണ്ട് പാർട്ടിക്കാരൻ കൗരവരും പാണ്ഡവരും ഇദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് കള്ളത്തരങ്ങളും ചതിയും വഞ്ചനയും കാപ്പട്ടികളും എല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ധർമ്മയുദ്ധമാവും ധർമ്മം തന്നെ നോക്കുന്ന യുദ്ധവും അതാകില്ല എന്ന് മഹാഭാരതത്തിൽ തന്നെ പറയും പ്രത്യേകം പറയുന്നുണ്ട് യുദ്ധത്തിൽ ധർമ്മം ഇല്ല ധർമ്മം ഇല്ലാതെ ഉള്ള ഒരു യുദ്ധമാണ് എല്ലാം ധർമ്മപുത്തരുൾപ്പെടെയുള്ളവര് ധർമ്മത്തിന്റെ നിയമങ്ങളെല്ലാം തെറ്റിച്ചു മഹാഭാരത ഇതിനൊക്കെ ആത്മീയത യുദ്ധവുമായി ബന്ധപ്പെടുത്തുന്നത് ഒരു പ്രാകൃത രീതി എന്ന് മാത്രമേ പറയാൻ അത് ഇന്നതുമായിട്ട് ബന്ധപ്പെടുത്തുന്നതിന് അർത്ഥമാണ് യുദ്ധം കണ്ണിൽ യുദ്ധം ചെയ്യുന്ന രണ്ടൂട്ടരുടെ കഷ്ടനഷ്ടങ്ങൾ മാത്രമല്ല അത് സമൂഹത്തിനെ മൊത്തം ബാധിക്കുന്ന എല്ലാവർക്കും നഷ്ടമുണ്ട് മഹാഭാരകത്തിനും അത് മറ്റുള്ളവരുടെ നഷ്ടം ഇതും ചെയ്യാത്തവരുടെ നഷ്ടം അവിടെ പറയുന്നുള്ളത് ഞാൻ ഉറങ്ങിട്ടുള്ളതാണ് അതുകൊണ്ട് ധർമ്മയുദ്ധമാണ് അതിൽ പോലും ഒന്നു കഴിഞ്ഞാൽ വേറെ ശരീരം വലിയ ശരീരം കിട്ടും ഇതൊക്കെ മൂഢവിശ്വാസം എന്നുള്ളതിനെ പറയുന്ന ആ ഒരു കാര്യം അതൊക്കെ മനുഷ്യൻ തള്ളിക്കളയേണ്ട കാര്യമാണ് പുനർജന്മത്തിൽ വിശ്വാസമാകും വിശ്വാസം അതുകൊണ്ട് ദേവി നല്ല ശരീരം കിട്ടുമെന്ന് പറഞ്ഞാൽ ആരെയും കൊല്ലാതിരിക്കുക ഇന്നത്തെ നിയമവ്യവസ്ഥയനുസരിച്ചിരുന്നകത്തും അങ്ങനെ ആകും അതിൽ നല്ല ജന്മ ഇപ്പോൾ ഒരു സംഭവം നടന്നിട്ടില്ല ഒരു സമാധിക്ക് പത്രമൊക്കെ വായിക്കാറുണ്ട് ബോധമില്ലാത്ത മനുഷ്യൻ എന്താണ് വെറും മനുഷ്യൻ മരിച്ച് അപ്പം അയാളുടെ മകൻ പ്രേരി എന്താണ് ഇയാളിങ്ങനെ പോകുന്ന അയാൾ കണ്ണുകൊണ്ട് കണ്ടെന്നാണ് നമ്മളെ ഇത്രയൊക്കെ കാലം ഈ ആത്മാവിനെയൊക്കെ അന്വേഷിച്ചു കിടന്നിട്ട് കണ്ടുകൊണ്ട് ഒരു ആത്മാവിനെയും കാണാനുള്ള ഭാഗ്യമുണ്ടായി ഇയാൾക്കെന്തായാലും എന്ത് ചെയ്തു ഞാനും പലതും മരിക്കുന്നു നേരിട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ ആത്മാവ് ഇറങ്ങി ഇങ്ങനെ സഞ്ചരിക്കുന്നത് കാറ്റുപോലെയോ പുക പോലെയോ തീയ്യ് പോലെയോ ഒന്നും ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല നേരിട്ട് കണ്ടുവന്ന പറ എന്തായാലും കുറെ രാഷ്ട്രീയക്കാരോ ൂട്ടർ പറയുന്നത് അതെന്താണ് ആചാരത്തിന്റെ ഭാഗമാണ് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് മതത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് പൊളിക്കാൻ പാടില്ല ഒരാളതിനകത്ത് സമാധിയായിക്കൊണ്ട് ി സമാധിയായി ഇരിക്കുന്നതാണോ സമാധിയാക്കിയതാണോന്ന് ആർക്കും അറിയാം നമുക്ക് ആർക്കും അറിയാൻ പറ്റില്ല അതുകൊണ്ട് അതിനെ കുറിച്ച് ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല പക്ഷെ എന്താണ് നിയമത്തെ കുറിച്ച് അല്ലെങ്കിൽ ബോധപൂർവമോ അവിടെ നിയമ ലംഘനം നടന്നിരിക്കുകയാണ് അതിനെ കുറിച്ച് പല ബോധമില്ല കാരണം വീട്ടിലായാലും ആശുപത്രിയിലായാലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞു അവിടെ ഒരു ഡെത്ത് ഡിക്രിഡേഷൻ സർട്ടിഫിക്കറ്റ് വേണം ഡോക്ടർ അതാദ്യം വേണം അല്ലാതെ സമാധിയായിരുന്നു അതിൻ്റെ അടുത്ത് കുഴിച്ചിടാനോ കത്തിക്കാനോ ഒന്നും പാടില്ല ഒരു ഡോക്ടർ സർട്ടിഫിക്കറ്റ് വേണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ ബ്രിത്ത് ആൻഡ് ഡെത്ത് രജിസ്ട്രേഷൻ ലാ അങ്ങനെയൊരു ലാ ഉണ്ട് നമ്മുടെ രാജ്യത്ത് അതനുസരിച്ച് നമ്മൾ വീട്ടിലുള്ള റേഷൻ സർട്ടിഫിക്കറ്റ് ആദ്യമാണ് പിന്നെ ഇരുപത്തൊന്ന് വയസ്സത്തിനകം ഡെത്ത് സർട്ടിഫിക്കറ്റുമാണ് എന്നാണെങ്കിൽ ഒരു പോർട്ടലും അതിനപേക്ഷിക്കുക അറിഞ്ഞിരിക്കുക കെ സ്മാർട്ട് അതിലൂടെ നമുക്ക് അപേക്ഷിച്ചാലും കിട്ടും അതിന്റെ രേഖകളൊക്കെ കൊടുത്താണ് പഞ്ചായത്തുകളൊന്നും കയറിയിറങ്ങേണ്ട കാര്യം നമ്മുടെ നാട് ഒരുപാട് ഇതൊക്കെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് ഡോക്ടറുടെ അടുക്കള രക്ഷ സർട്ടിഫിക്കറ്റ് എന്തുകൊണ്ട് വേണമെന്ന് പറയുന്നത് കാരണം മരണത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഡോക്ടർക്ക് അത് പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ആവശ്യപ്പെടാം അതുകൊണ്ടാണ് അസ്വാഭാവികമായും മരണം സംഭവിക്കുന്നത് അപ്പൊ ഇത് ഒന്നുമില്ല ഒരാള് മരിച്ചു മരിച്ചോ വന്നോന്നും അറിയത്തില്ല ഇവിടത്ത് കുഴിച്ചു വെച്ചിട്ട് സമാധിയായെന്ന് പറഞ്ഞ നിയമം അത് അറിഞ്ഞിരിക്കില്ല പോലീസ് ഇടപെടും കളക്ടർ ഇടപെടും നിയമത്തിന്റെ വഴിക്ക് പോകും ചിലപ്പം ശരിക്കും പൊളിക്കേണ്ടതാണ് നിയമം അനുസരിച്ച് പൊളിക്കണം ഇനി രാഷ്ട്രീയം അനുസരിച്ച് പൊളിക്കാതിരുന്നത് അത് ശരിയല്ല കാരണം ഇതൊന്നും ചെയ്തിട്ടില്ല ഒരാളും മരിച്ചു കഴിഞ്ഞാൽ നിയമം അനുസരിച്ച് കുറഞ്ഞ പക്ഷൊരു അംഗൻവാടി ജീവനക്കാരുടെ വിവരം അറിയിക്കണമെന്നാണ് ജനപ്രതിനിധികളെ അറിയിക്കണം അത് കിട്ടിയില്ലെങ്കിൽ അവരെങ്കിലും അറിയിക്കണമെന്നുള്ളതാണ് പുറമെ നിന്നൊരു സാക്ഷ്യ വേണം എന്നുവെച്ചാൽ മരണം സ്വാഭാവികമാണെന്ന് ഉറപ്പാണ് അതിന് ഇത് നമ്മുടെ നിയമത്തിനഴിഞ്ഞ നമ്മളത് പാലിക്കാറില്ലാറില്ല ആരെങ്കിലും ഒരു പരാതി ഇങ്ങോട്ട് പോയ ഇപ്പൊ തന്നെ എന്താണ് ഒരാൾ മാൻ മെസ്സി എന്ന് പറഞ്ഞ് ഒരു പരാതി കൊടുത്ത് അല്ലെങ്കിൽ പരാതി എഴുതി വാങ്ങി അതിൽ എഴുതി വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അന്വേഷണമായി കേസായി വലിയ പാലായി ഇപ്പൊ നിയമം എന്നുള്ളതിനെ നമുക്ക് ബോധം അല്ലാതെ എന്തെങ്കിലും കാണിക്കാൻ പാടില്ല പിന്നെ നിയമം അറിയാതിരുന്നാൽ അത് എക്സ്ട്രൂസ് അല്ല നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിയമക്കൊരുക്കൽപ്പെടും അതുമാത്രാവശ്യമില്ലാതെ അപവാദങ്ങളും കേൾക്കഴിഞ്ഞു ദുരൂഹ മരണം അതാണ് ഇതാണ് നിയമത്തിന്റെ വെള്ളി വയ്പതിൻ്റെ ആവശ്യമില്ല ഇതിപ്പോ അതാ സംബന്ധിച്ചത് ദുരൂഹ മരണം പണ്ട് നാട്ടിൽ ജീവിക്കുമ്പോ ഇവിടുത്തെ നിയമവ്യവസ്ഥയെ കൂടി നമ്മൾ സാമാന്യമായ ണ്ടെങ്കിൽ പിന്നെ അവിടെ തർക്കിക്കേണ്ട കാര്യങ്ങളില്ല അവര് നിയമം പാലിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ നിയമപ്രകാരമായി സർക്കാരിനൊക്കെ നടപടികൾ സ്വീകരിക്കാം അവർക്ക് പരാതി കോടതി പോകാം പിന്നെ അവിടെ തീരുമാനിക്കും ഇതൊന്നുമില്ലാതെ രാഷ്ട്രീയ കക്ഷികൾ ആചാര സംരക്ഷണത്തിന് വേണ്ടി അവിടെയും എന്താണെന്ന് അറിയണം അതുകൊണ്ട് മനസ്സിൽ ഓർമ്മ ഒന്നുകൊണ്ട് പറഞ്ഞ മരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്നും നമ്മുടെ കേവല സ്വകാര്യത മാത്രമാണ് അത് നിയമവ്യവസ്ഥയ്ക്ക് വിധേയമായും ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ സംഭവിക്കുന്ന ഒരു ഇവന്റ് കൂടെയാണത് അതുകൊണ്ട് അത് അതിന്റെ വഴി തന്നെ അതിനെ കൈകാര്യം അത് സമാധിയായിരിക്കും പറഞ്ഞു ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ കാണിക്കാൻ പാടില്ല അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല ഇതൊക്കെയാണ് അതിൻ്റെ നിയമം ശാസ്ത്ര അതൂടെയും പറയും ശാസ്ത്ര ഇക്കാര്യ പഴയ ശാസ്ത്രം നമ്മൾ ജയിച്ചിരിക്ക പണ്ടത്തെ ശാസ്ത്രം പുരാണങ്ങളും മറ്റും ഇന്നത്തെ ശാസ്ത്രമാണ് നമ്മുടെ ഭരണഘടന നിയമം എന്നൊക്കെ പറയും പണ്ട് പണ്ടത്തെ ശാസ്ത്രം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഇന്നത്തെ ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിലെ നിയമവ്യവസ്ഥയാണ് അതനുസരിച്ച് ചെയ്യുക അതുകൊണ്ട് എന്താണ് ഇവിടെ പറയുന്ന കാര്യത്തിൽ എൻ്റെ ഇന്നത്തെ ബോധം വെച്ച് പറയുകയാണെങ്കിൽ ശരിയായ കാര്യമല്ല നമ്മൾ ആർക്കും കൊന്നിട്ട് നല്ല ശരീരം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കില്ല സോ നല്ല ശരീരം കിട്ടാൻ യോഗ്യതയുണ്ടെങ്കിൽ മരിച്ചിട്ട് നല്ല ശരീരം സ്വീകരിച്ചോട്ടെ അല്ല ഇനി അങ്ങനെ കൊന്നിട്ട് നല്ല ശരീരം കൊടുക്കുകയാണെങ്കിൽ ചാർവാകം ഉപയോഗിച്ചതുപോലെ വീട്ടിലെ സുഖമില്ലാതെ നടക്കുന്ന മാതാപിതാക്കളെയൊക്കെ കൊന്നിട്ട് അവർക്ക് നല്ല ശരീരം കൊടുക്കുക നാട്ടുകാരെ കൊല്ലാൻ പോകുന്നതിന് തനിക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ കൊല്ലുക എന്നിട്ട് അവർക്കൊക്കെ നല്ല ശരീരം കൊടുക്കുക അതെന്താ അല്ല അതിനെന്തുകൊണ്ട് തയ്യാറാവുക അവിടെ ഒരു പഴയ രീതി ഒരു പ്രാതികമായ ചിന്താഗതിയുടെ അങ്ങനെ ഒരു സംസ്കാരത്തിന്റെ അടയാളങ്ങളാണ് ഇത് ചരിത്രത്തിന്റെ ബാക്കി പത്രങ്ങളായി മാത്രം കാണുക അതിന് ആധുനിക മൂല്യങ്ങളിൽ ഇതിൽ നിന്ന് സ്ഥാനമില്ല എന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് ജീർണാനി വാസാംസി ഗുഹായ നവാനി കല്യാണാനി വാസാംസി ഇത് പുനർജന്മ വിശ്വാസം അനുസരിച്ച് പറയുന്നതാണ് ശരീരം വെച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ ജീർണാനി വാസാംസി ജീർണവസ്ത്രങ്ങൾ വിഹായം ഉപേക്ഷിച്ചിട്ട് മനുഷ്യൻ നമാലി കല്യാണാനി വാസാംസി പുതിയ വസ്ത്രങ്ങൾ നല്ല മനോഹരമായ വസ്ത്രങ്ങൾ എങ്ങനെയാണോ ഗർണതാം ഇവ ിക്കുന്നത് വരെ പോലെ ഐശ്വരങ്ങനെ സ്വീകരിക്കുന്നത് പോലെ ഈ യുദ്ധത്തിലെ മരണം എന്ന് പറയുന്ന എന്താണ് ഹർഷനിമിത്തമേവ അത്ര പോലെ കിട്ടും നിമിത്തമേ ഉള്ളൂ എന്നാണ് കൊല്ലുന്ന മാത്രമല്ല കൊല്ലുന്നതിന് സന്തോഷിക്കണമെന്നൂടെയൊക്കെ ആയിരിക്കണം അതങ്ങനെ പറ്റും കൊല്ലുന്നതിന് സന്തോഷിക്കും ഹർഷനിമിത്തമേവ ഈ പാപെങ്ങനെ ഞാൻ ചെയ്യും എന്നാണ് അർജുനൻ ചോദിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ നീ ചിന്തിക്കേണ്ട കാര്യമില്ല സന്തോഷത്തിന് നിമിത്തം മാത്രമേ ഇവിടെ ഉള്ളൂ കൊല്ലുന്നതാണ് എന്തുകൊണ്ടാണ് പുതിയ ശരീരം പുനർജന്മ അത് ശരിയാണ് ആ പുനർജന്മത്തെ കുറിച്ച് പറയുന്നത് അത് സ്വാഭാവികമായ മരണം ജന്മം അങ്ങനെയുള്ളൊരു വിശ്വാസം എന്നുള്ളതാണ് എനിക്ക് ശരി ഇതങ്ങനെ തന്നെ അപ്പൊ ഇത് ആരെങ്കിലും സ്വാഭാവികമായി നല്ല പ്രവൃത്തിയൊക്കെ ചെയ്ത് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും അവരുടെ നിത്യ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും നല്ലതായി ആത്മാവിനൊരു നല്ല ജന്മം കിട്ടുന്നു പുണ്യജന്മം കിട്ടുന്നു അല്ലെങ്കിൽ പുണ്യ ലോകത്ത് പോയിരിക്കും അല്ലെങ്കിൽ മുക്തിയാവും ഇതൊക്കെ നമുക്ക് ആശംസിക്കാം ഇതിനൊന്നും എന്താണ് ഇതൊക്കെ ഒരു സമാധാനമാകും അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുടെ ആശംസിക്കുന്നവരുടെ സമാധാനമാണ് പക്ഷെ കൊന്നിട്ട് ഹർഷം മാത്രമേ പാടുള്ളൂ അവിടെയെന്ന് പറഞ്ഞ അതങ്ങനെ ശരിയാണ് കാലത്തിന് യോജിക്കുന്ന ഒരു കാര്യ ഇനി മഹാഭാരതത്തിലെ നോക്കിയാലോ ഇവര് കൊന്നിട്ട് അവിടെ കാണുന്ന എന്താണ് ശത്രുക്കളെ കൊല്ലുമ്പോ അവര് നില മറന്ന് അട്ടഹസിക്കുകയാണ് എല്ലാവരും മിത്രങ്ങളും മരിക്കുമ്പോ എല്ലാവരും പൊട്ടിക്കരിച്ച് ഇത്രയുള്ളു കൊലപാതകമെന്ന് പറയുന്നത് അങ്ങനെയാണ് നിങ്ങളവിടെ സന്തോഷിക്കുന്നതും ദുഃഖിക്കുന്നതും ഇതൊക്കെ നിങ്ങളുടെ ശത്രുവോ മിത്രമോ നോക്കിയിട്ടാണ് അല്ലാതെ ഈ പറയുന്ന ശാസ്ത്രം അതുകൊണ്ട് ഇതൊക്കെ അപ്രസക്തമായ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുമ്പോൾ പുനരവി അവിനാശിത്ത വിധി ഏനസർവിലം തത്തം ഇനി പൂർവോക്തം അവിനാശിത്വം സുഖഗ്രഹനായ വെഞ്ചയത്തി ലട്ടയതി വീണ്ടും പുനരവി അവിനാശിസ് തദ്ധി ഏന നീ അറിയൂ എല്ലാത്തിലും ആത്മാവാണ് അനുപ്രവേശം ചെയ്തിരിക്കുന്നത് വിധി പൂർവത്വം നമ്മൾ പറഞ്ഞതായ അവിനാശിത്വം ആ അവിനാശിത്വത്തെ സുഖഗ്രഹണായ അനായാസമായി മനസ്സിലാക്കുന്നതിന് വീഴിലെ ചെയ്യാൻ വീണ്ടും പ്രകാശിപ്പിച്ചുകൊണ്ട് ദൃഢ ചെയ്യാൻ ഒന്നുകൂടെ ഉറപ്പിക്കുന്നു ആത്മാവ് ഇതിന്റെയൊക്കെ പദ്യങ്ങളിലൂടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം കണ്ണ ഇതൊക്കെ നിങ്ങൾ പ്രസംഗിക്കുന്നതും കേട്ടിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതുമാണ് എന്നാൽ രാമാനുജാചാര്യന്താ പറയുന്നത് നോക്കാം ശാസ്ത്ര അഗ്നി അമ്പു വായവ ഛേദന ലഹന ക്ലേജന ശോഷണാനി ആത്മാനം പ്രതി കർത്തുന്ന ശക്തിന് വേണ്ടി ആത്മാവിന് ഒന്നും ചെയ്യാൻ സാധ്യതയില്ല ഉപദ്രവിക്കാൻ പറ്റത്തില്ല എങ്ങനെ ശസ്ത്രം അതുകൊണ്ടുള്ള ഛേദനം അത് സാധ്യമല്ല ആയുധം കൊണ്ട് മുറിക്കാൻ പറ്റില്ല അഗ്നി അതുകൊണ്ടുള്ള ദഹനം അത് സാധ്യമല്ല ക്രമമായിട്ട് അന്വയിക്കുന്നു അതുകൊണ്ട് ക്ലേദനം കുതിർക്കാൻ കഴിയത്തില്ല അടുത്ത് വായ അതുകൊണ്ട് ശോഷണം ഉണക്കാൻ കഴിയത്തില്ല ഭൗതികമായ ക്രിയകൾ പ്രതിക്രിയകളിൽ നിന്നും ആത്മാവ് വിധേയമാകുന്നില്ല അത് ഭൗതികാതീതമാണ് അതാണ് ഇവിടെ ഇത് നമുക്കറിയാവുന്ന കാര്യമാണ് ഇതൊന്നും ആത്മാനം കളിക്കത്തുന്ന ശക്തി വരെയൊന്നും ആത്മാവിനെ സംബന്ധിച്ച് സാധ്യമല്ല സർവഗതത്വതാക്ക ആത്മാവ് സർവഗതമാണ് സർവഗതം എന്ന് പറയുമ്പോഴത്തേക്ക് സർവഗതം എന്ന് പറഞ്ഞാൽ സർവം വ്യാപ്തം എന്നാണ് അർത്ഥം നമ്മൾ പറഞ്ഞ തത് വ്യാപ്തം എന്നാണ് അർത്ഥം ഗതം തത്തം ഇതിൻ്റെ കടം വ്യാപ്തം എന്നാണ് പക്ഷേ നമുക്കറിയാം പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭാഷ്യം എന്ന് പലപ്പോഴും പദങ്ങളിൽ നിന്നും വാക്യങ്ങളിൽ നിന്നും അർത്ഥത്തെ കണ്ടെത്തുന്നതല്ല പിന്നെ എന്താണ് അവരവരുടെ ഉള്ളിലിരിക്കുന്ന സിദ്ധാന്തങ്ങളെ അതിലേക്ക് തിരികെ കയറ്റുന്നതാണ് എല്ലാവരും അത് ചെയ്യാറുണ്ട് ഇവിടെ രാമാനുചാചാര്യോ അതി തന്നെ ശരി അതിന്റെ ഗതം തഥം എന്നു പറയുന്നതിന്റെ സർവ്വവ്യാപി തോന്നിച്ചാൽ വിഭുത്വം വ്യാപിത്വം എന്ന് പറഞ്ഞാൽ ശരിയാകും പക്ഷെ വിഭുത്വം എന്നുള്ള അർത്ഥത്തെ തിരസ്കരിച്ചിട്ട് ഇപ്പൊ വ്യാപിക്കുക എന്ന് പറഞ്ഞാൽ അത് വിഭവായിരിക്കണമെന്നില്ല അങ്ങനൊരർത്ഥമില്ല ഇപ്പൊ വെള്ളത്തില് പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അത് വ്യാപിക്കും അത് അതിനർത്ഥം വിഭവന്നല്ല വ്യാപിക്കുക ഒരർത്ഥമാണ് ഇവിടെ വ്യാപിക്കുക എന്നുള്ള അർത്ഥം സ്വീകരിക്കുന്നു വിഭുത്വം എന്നുള്ളത് നിഷേധിക്കും വ്യാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ശുദ്ധിയിലും മറ്റും പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് അണുപ്രവേശിക്കുക ഈ ശരീരത്തിനും മറ്റും ജീവൻ പ്രവേശിക്കുന്നതാണ് വ്യാപിക്കുക അവരർത്ഥമേ എന്തുകൊണ്ട് ആത്മാവ് അണു ആണ് അണു എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് അണുരണു എന്നാണ് നമുക്ക് സങ്കല്പിക്കാവുന്ന ആളും എക്കാളും അണുവാണോ അപ്പൊ അങ്ങനെ അണുവായിരിക്കുന്നതിന് എവിടെയെങ്കിലും കൊണ്ട് കുത്തി കയറാനേ പറ്റും അല്ലാതെ ഈ ഭൂലോകം മുഴുവൻ വ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോ ബാക്കിയുള്ള ആചാര്യന്മാർ പറയുന്ന ഗൗതമൻ കണാതൻ സൗഖ്യൻ ഇവരൊക്കെ പറയുന്ന വിഭത്വം അതിനും ഇവിടെ അംഗീകരിക്കും അത് അവരുടെ ആത്മാവ് ഇത് രാമാനുചാര്യരുടെ ആത്മാവ് അതാണ് സർവതത്വാലാപന സർവതത്വ വ്യാപന സ്വഭാവതയ വ്യാപനം എന്ന് പറഞ്ഞിതാണ് ഓരോ തത്വങ്ങളിലും വ്യാപിക്കുക എന്ന് പറഞ്ഞു ഈ പറയുന്ന പ്രവേശമാണ് വ്യാഖ്യാനത്തിൽ വ്യക്തമാക്കുന്നു സർവേഭ്യത സൂക്ഷ്മത്വമാണ് സർവതത്വങ്ങളെക്കാളും സൂക്ഷ്മമാണ് ഭൗതിക തത്വങ്ങളെക്കാളും സൂക്ഷ്മമാണ് അതുകൊണ്ട് തൈ ഹസ്യ തേൽ വ്യാഖ്യാനമാണ് മറ്റൊന്നിനും ആത്മാവിൽ പ്രവേശിക്കാൻ കഴിയില്ല ആത്മാവിൽ പ്രവേശിക്കാൻ മറ്റൊന്നിനും കഴിഞ്ഞിട്ടില്ല ആത്മാവിനും ഏഴും പ്രവേശിച്ചു നമ്മുടെ നാടൻ വിശ്വാസം അനുസരിച്ച് ഭൂതപ്രേത ആത്മാക്കളൊക്കെ വന്നിട്ട് നമ്മുടെ ആത്മാവിൽ കേരളമായി അതുകൂടെ നീല അങ്ങനെ ആത്മാവിനോട്ടെത്തിക്കുന്നു ആത്മാവിനോടെയും കയറാം പക്ഷെ ആത്മാവിന് ആത്മാവ് കയറാനും വേറെ യന്ത്രങ്ങൾ കേറാനോ കഴിയും സൂക്ഷ്മമാണ് കർത്തവ്യ ഛേദന ദഹന ക്ലേദന ശോഷണ ഈ ഛേദിക്കുക ദഹിപ്പിക്കുക കുതിർക്കുക സൂക്ഷിപ്പിക്കുക എന്ന് പറയുന്ന ആദ്യം ഒരു തരത്തിലുള്ള വ്യാപനമാണ് അതിനെ പ്രാപിച്ചിട്ട് അത് പ്രവർത്തിക്കണം അതാണ് വ്യാപനമെന്ന് പറയുന്നത് വെള്ളം കുതിർത്തുന്നു പറഞ്ഞ് തുണിയിലത് വ്യാപിക്കും അത്തരത്തിലൊരു വ്യാപനമാണ് അത് ശരിയാണ് ആത്മാവ് അങ്ങനെ അപ്പൊ ഈ പറയുന്ന ഛേദനം ദഹനം ക്ലേദന ശുഷണെന്താണ് വ്യാപ്യ കർത്തവ്യമാണ് വ്യാപിക്കുന്ന ഒരു കർത്തവ്യത്വനാത്മാേദിക്കാന്ന് പറയുന്നത് എന്താണ് കർത്തികൂടി ചെന്നിട്ട് അതിന് രണ്ടാത്മ്യം അതിലൊരു വ്യാപ്തി അതൊന്നും ആത്മാവിനോട് നടക്കത്തില്ല അത് ആത്മാനിന്ധ്യ അതുകൊണ്ട് ആത്മാനിന്ദ് നിത്യമാണ് സ്ഥാണുമാണ് അചലമാണ് സനാതനാണ് സനാതനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ പറയുന്നത് സ്ഥിരസ്വഭാവം അപ്രകമ്പ്യഹ അവിടെ പറയുന്നത് സ്ഥാണുരചലോയം സനാതനഹ സ്ഥാണുരചലോയ സാധനം എല്ലാത്തിന്റെ സ്ഥാണമെന്ന് വെച്ചാൽ സ്ഥിര സ്വഭാവം സ്ഥിരതയുള്ള ഇളകാതിരിക്കുക അച്ചലപ്പ് അപ്രകമിക്കാൻ ഇളക്കാൻ പറ്റാത്ത ചലിപ്പിക്കാൻ പറ്റാത്ത വലിയ വ്യത്യാസമൊന്നുമില്ല സനാതനം എന്ന് വെച്ചാൽ പുരാതനം എന്നുള്ള അർത്ഥമാണ് അതെന്തുകൊണ്ട് പുരാതനം എന്ന അർത്ഥം തന്നെ വ്യക്തം പറയുന്നത് സനാതനം തന്നെ നിത്യമാണ് അർത്ഥം പക്ഷെ അത് നിത്യശബ്ദം കൊണ്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു പിന്നെ വീണ്ടും സനാതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യസർവാന ചാണ് അത് നിത്യം ആണ് സനാതന ശബ്ദത്തിന്റെ അർത്ഥം പിന്നെ വീണ്ടും സനാതനം എന്ന് എന്തുകൊണ്ട് പറഞ്ഞു അത് എല്ലാ വ്യക്തിതാക്കൾക്കും ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ടല്ല നിത്യം എന്ന് പറയും സനാതനം എന്ന് പറയുന്ന സന എന്ന് പറഞ്ഞു എന്താണോ നിത്യം എന്നാണ് അർത്ഥം അതിലൂടെ ഇദ്ദേഹം പറയുന്നത് എന്താണ് പുരാത എന്നൊരു അർത്ഥം പുരോ പണ്ട് എന്നുള്ളതാർത്ഥമാണ് അനാദി നമ്മൾ അനാദിന്ന് കിട്ടുകഴിഞ്ഞാൽ പിന്നെ അനന്ത അപ്പൊ അനാദിത്വം എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു അതിന് ഉത്പത്തി ഉള്ളതല്ല എന്ന് പറഞ്ഞാൽ ആദിത്വം ഉത്പത്തില്ല ഉത്പത്തിയില്ലാത്തവരുന്നത് നിത്യമായി അപ്പൊ ഇത് ഈ നിത്യൊന്നും സനാതനമെന്ന് പറഞ്ഞ എല്ലാ വ്യാഖ്യാനാക്കന്മാരും അവർക്ക് പ്രത്യേകം വ്യാഖ്യാനിക്കേണ്ടിയുള്ള ഒരേ ഭാഷകാലം സംഗ്രഹിക്കുന്നു ഇവിടെ പല വാക്കുകളും ആവർത്തിക്കുന്നു ശബ്ദങ്ങൾ ആവർത്തിക്കുന്നു അതുകൊണ്ട് എൻ്റെ അർത്ഥവും ആവർത്തിക്കുന്നു അതിന്റെ ദോഷങ്ങൾ എന്തുകൊണ്ട് അർത്ഥം തുടങ്ങുന്നതെന്നാണ് അമ്പീരിയത് ഇത് അഭ്യക്തമാണ് ആത്മതത്വം അഭ്യക്തമാണ് ഇപ്പം സംസാരികൾ ഈ സംസാരത്തിൽ മുഴുകിയിരിക്കുന്നവർ ഇത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ശബ്ദങ്ങൾ ഒരേ ശബ്ദങ്ങൾ ആവർത്തിക്കുന്നതുകൊണ്ടും ഒരേ അർത്ഥത്തെ ആവർത്തിക്കുന്നതുകൊണ്ടും ദോഷമൊന്നുമില്ല പ്രയാസമുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ എന്താ ചെയ്യും ഉരുവിട്ട് പഠിക്കാറുണ്ട് ആവർത്തിച്ചു ആവർത്തിച്ചാവർത്തി ഒരേ കാര്യം തന്നെ ആവർത്തിച്ചു പറയുക പുനരജ്ജി ദോഷം ഇല്ല എന്ന് ഭാഷകാരൻ ഇവിടെ പറയും അതുകൊണ്ട് നിത്യ എന്ന് പറഞ്ഞാല് സനാതനം എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല സനാതനത്തിനടക്കം ചിരന്തരം നടത്തേ എന്നുകൊണ്ടാണ് ചിരം എന്ന് സുഖാമുള്ളത് ഒന്നാണ് അതുകൊണ്ട് ഇപ്പൊ വിദ്യ എന്ന് പറഞ്ഞിട്ട് സനാതനെ ദോഷമാണ് അത് അദ്വീതത്തിന്റെ രീതിയാണ് ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും വീണ്ടും പറയുക അങ്ങനെയാണ് അതായത് ആത്മനിഷ്ഠമായ പഠനങ്ങൾ പ്രത്യേകതകൾ എന്താണ് ഒരാൾ അതിനെക്കുറിച്ചൊരു സിദ്ധാന്തത്തെ രൂപപ്പെടുത്തി കഴിഞ്ഞാൽ ആരായനും പിന്നെ അവർക്ക് അതിൽ നിന്നും മാറാൻ പറ്റും അങ്ങനെ ഒരു പ്രശ്നം ആത്മനിഷ്ഠമായ എല്ലാ പഠനങ്ങൾക്കും അതൊരു നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സിദ്ധാന്തങ്ങൾ രൂപപ്പെടുത്തുന്നവരെ സംബന്ധിച്ച് നല്ലതാണ് ഉദാഹരണം പറഞ്ഞാൽ മീമാംസര ആത്മാവിനെ സംബന്ധിച്ച സിദ്ധാന്തമാണ് റിയാം മീമാംസകർക്ക് അവർ ആ പരമ്പരയിൽ ആർക്കും തന്നെ അതിന് മാറാൻ പറ്റത്തില്ല കാരണം അതവരുടെ ആചാര്യ സ്ഥാപിച്ച സിദ്ധാന്തമാണ് ഇനി അവർക്കത് മാറാൻ പറ്റില്ല കാരണം അത് സിദ്ധാന്തം ഒരു സിദ്ധാന്തം വ്യക്തിനിഷിമായ ഒരു സിദ്ധാന്തമാണ് സാങ്കേതി കപിലന് സിദ്ധാന്തം ഉണ്ടാക്കി ആത്മാവിനെ സംബന്ധിച്ച് കപില പരമ്പരയിൽപ്പെട്ട ആർക്കും ഇനി അതിന് മാറാൻ പറ്റും പക്ഷെ ജൈവിനിയിൽ നിന്ന് കപിലം മാറി ജൈവിനിയിലെ ആത്മനിഷ്ഠമായ സിദ്ധാന്തത്തെ കപിലൻ എന്തു ചെയ്തു തള്ളി ദൂരക്കളും പക്ഷെ കപിലന് ഉണ്ടാക്കിയ ആ സിദ്ധാന്തത്തിൽ നിന്ന് കപിലന് മാറാൻ ഗൗതമനും കണാദിനൊക്കെ അവരവരുടേതായ ആത്മനിഷ്ഠമായ സിദ്ധാന്തങ്ങൾ ആത്മാവിനെ സംബന്ധിച്ചുണ്ടാക്കി അവരുടെ പരമ്പരകൾ ഒരിക്കലും അതിലും മാറത്തില്ല എന്തുകൊണ്ടാണ് വ്യക്തിനിഷ്ഠമാണ് ആത്മനിഷ്ഠമാണ് അപ്പോ ആ പരമ്പരകൾ സ്വീകരിച്ചവര് അവർക്കൊരിക്കലും മറ്റാരൊക്കെ മാറുന്നുണ്ട് ജൈവനീയ കപിലം തള്ളി കപിലൻ അല്ലെങ്കിൽ ഗൗതമനം തള്ളി ഗൗതമന കപിലം തള്ളി അതൊക്കെ സംഭവിച്ചു അതുപോലെയാണ് ശങ്കരാചാര്യ സിദ്ധമുണ്ടായി സിദ്ധാന്തം ഉണ്ടായി ഇനി ശങ്കരായ പരമ്പരകൾക്ക് ഒരിക്കലും അതിൽ നിന്നും മാറാൻ പറ്റില്ല അവരത് തന്നെ പുരുവോട്ടുകൊണ്ടേ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയും അവർക്ക് മാറാൻ പറ്റും ശരി ലോകം മാറുന്നുണ്ടോ ഉണ്ടാകും ഏ ലോകം മാറിഞ്ഞു എന്താണ് ലോകം മാറുന്നുണ്ട് കാരണം രാമാനുജന് മാറി ഒരുപാട് പേര് മാറി രാമാനുജാചാര് മാറി അഭിനകത്ത് ആചാര്യമാറി മാതൃമാറി എത്രയോ ആചാര്യന്മാർ വന്നു വല്ലപ്പൻ മാറി പക്ഷേ ശങ്കരന്റെ പരമ്പര്യപ്പെട്ടവർ മാറും അവരും മാറത്തില്ല എന്തുകൊണ്ട് മാറാൻ പറ്റുന്നില്ല നമ്മുടെ സിദ്ധാന്ത വ്യക്തി നിഷ്ഠമാണ് മറ്റുള്ളവരെല്ലാം അത് മാറിയാലും അവർക്ക് മാറാൻ പറ്റില്ല ഇനി രാമാനുജൻ വന്നു ശങ്കരാചാര്യ പാടെ കണ്ടുക്കണം അത് ശരിയല്ല അബദ്ധമാണ് പറയുന്ന ശരിയല്ലെന്നല്ലോ പറഞ്ഞത് പറഞ്ഞാൽ അബദ്ധമാണെന്ന് അത് കഴിഞ്ഞ് വന്നവരെ ചെയ്തു രാമാനുജൻ പറഞ്ഞാൽ അബദ്ധമാണെന്ന് ഓരോരുത്തരും പറയുന്നത് എന്താണ് അവരുടെ ആത്മനിഷ്ഠമായ വ്യക്തിനിഷ്ഠമായ സിദ്ധാന്തങ്ങൾ പറഞ്ഞിട്ടും മറ്റുള്ളവരെല്ലാം അബദ്ധമെന്നാണ് പറയുന്നത് പക്ഷെ അബദ്ധമെന്ന് പറഞ്ഞാലും ഓരോ വ്യക്തിനിഷ്ഠ സിദ്ധാന്തങ്ങളും അതിനെ പിന്തുടരുന്നവരാണ് ഇവിടെ അദ്വൈതികളായി അദ്വൈതികളായിട്ടാദ്വൈതികളും ഒക്കെ വിലസുന്നുണ്ട് ഇവരെല്ലാം എന്താ ചെയ്യുന്നത് ഓരോരോ വ്യക്തിനിഷ്ഠമായ സിദ്ധാന്തങ്ങളിൽ നിന്നിട്ട് അതിൽ നിന്നെങ്കിലും ബുദ്ധിമുട്ടുകൊണ്ടേ എത്ര കാലം ഇരുന്നാലും അവരിൽ നിന്നും മാറത്തു അങ്ങനെ അതേ സിദ്ധാന്തങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇവരെല്ലാവരും വിശ്വസിക്കുന്നത് എന്താണോ ഇതാണ് സമ്പ്രദായം ഇതാണ് അതിന്റെ മേന്മ മറ്റുള്ളവരും മാറുന്നത് അതാ വേണ്ട കാര്യമില്ല ഞങ്ങൾ മാറത്തില്ല അപ്പൊ ഇത് പറയുന്നവനും കേൾക്കുന്നവനും എന്താണോ അത് മതി അങ്ങനെ കുറവ് ചിന്തിക്കാൻ പറ്റും ഇവരെല്ലാവരും എന്തെയ്യുന്നു ഓരോരോ സിദ്ധാന്തങ്ങളാകുന്ന കാരാകാരം എന്നുവെച്ചാൽ ജയിലിൽ അവരവരെ ബന്ധിച്ചിരിക്കുകയാണ് അവർക്ക് ആർക്കും തന്നെ ഈ ജയിലുകളിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിയുന്നില്ല ഇതേ ബുദ്ധിമുട്ടുകൊണ്ടിരിക്കും രണ്ടു കൂട്ടർ തൃപ്തരാണ് നാല് രണ്ടു കൂട്ടരും പറയുന്നവരും കേൾക്കുന്നത് ഞാൻ നിരന്തരം അദ്വൈതം തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന എനിക്കതൊരു സന്തോഷമാണ് കേൾക്കുന്ന ഒന്ന് കാണോ സന്തോഷമാണ് ശരിയായ ഒരു സ്വാമി ആ ഈ സ്വാമിയാണെന്ന് എന്തുകൊണ്ട് ഞാൻ ഒരു വ്യക്തിനിഷ്ഠമായ സിദ്ധാന്തത്തെ തലമുറ തലമുറകളായി ഞാൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു മറ്റുള്ളവരുടെ മാറ്റത്തെ ഞാൻ ഉൾക്കൊള്ളാൻ തയ്യാറായി അവരും അറിയല്ലേ ഇത് എന്താണ് ഇത് ഒരു ആത്മനിഷ്ഠമായ ചിന്തകൾക്കെല്ലാം ഉള്ള ഒരു സവിശേഷതയാണ് ഇതിങ്ങനെ ബോധം ഇതിന് നമ്മൾ എന്തെങ്കിലും ഒന്ന് മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ എന്റെ ചിന്തിക്കുന്നവരെ കുറച്ച് കുറവ് മനുഷ്യന് ബോധമില്ല ബോധമില്ലാത്തൊരു പ്രശ്നം ബോധമില്ലാത്തവന്റെ ഇടയ്ക്ക് ബോധമുള്ളവൻ വന്നാൽ ആ ബോധമല്ലോ പിടിച്ചു കുറിച്ചു തുറയ്ക്കും അതാണ് മനുഷ്യന്റെ ചരിത്രം അങ്ങനെ ഇതെന്തോ ഒരു വലിയ ക്രെഡിറ്റ് എന്നാണ് പറയുന്നത് എന്താണ് ഒരാളുടെ വ്യക്തിനിഷ്ഠമായ സിദ്ധാന്തത്തെ തലമുറകളിലൂടെ മുന്നോട്ട് കൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു മഹത്തായ കാര്യം എന്നാണ് വിചാരിച്ചു ഇവരെല്ലാവരും പറയുന്നത് ഒരേ ഒരു വസ്തുവിനെ കുറിച്ച് അങ്ങനത്തെ വസ്തുവിനെ കുറിച്ച് ആത്മാവിനെ കുറിച്ച് അതുകൊണ്ട് കൂടെ നിങ്ങൾ മനസ്സിലാക്കാം ആത്മാവെന്ന് പറയുന്ന ഒരു വസ്തുവിനെ കുറിച്ചാണ് ഈ ഉരുവിടൽ ഇങ്ങനെ നടവിശേഷത ഞാൻ പറയുന്നു അത് മെച്ചമാണെന്നോ മോശമാണെന്നോന്നുതന്നെ ഞാൻ പറഞ്ഞു ഇതൊക്കെ എന്തോ ഭയങ്കര സംഭവമാണെന്ന് ചിന്തിക്കുന്ന നമ്മൾ ഒന്ന് മാറി ചിന്തിക്കാനും കൂടെ വേണ്ടി ഞാൻ പറയും ഇനി ഓരോരുത്തരോടും ചോദിച്ചു കഴിഞ്ഞാൽ പതഞ്ജലിയോട് ചോദിക്കുക കപിലനോട് ചോദിക്കുക ഗൗതമ്പനോടും പ്രണാതോണോ ശങ്കരാലയരോട് അമാനികരോട് ചോദിക്കുക എന്ന് വെച്ചാൽ അവരുടെ പരമ്പരകളോട് ചോദിക്കും ഈ പരമ്പരകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്തു പറയും അവസാനം ഇതൊക്കെ ഞങ്ങളുടെ അനുഭവമാണ് ഞങ്ങൾ പറയും അതാണ് ഞാൻ പറഞ്ഞത് ആത്മനിഷ്ഠമായ കാര്യങ്ങളാണ് വ്യക്തിനിഷ്ഠമായ പേര് വ്യക്തിനിഷ്ഠമായ അനുഭവങ്ങളെ പിന്തുടർ പിന്തുടരുമ്പോൾ അത്രയൊരു വ്യക്തി നിഷ്ഠമായ ബന്ധവും അനുഭവം പിന്തുടരുന്നവനും ഉണ്ടായാലും ഇല്ലെങ്കിലും അവൻ അതിനെ അംഗീകരിക്കുകയും അതിൻ്റെ പിറകിൽ നിന്ന് ഒരു ബാധ്യതയെ വ്യക്തിനിഷ്ഠമായ അനുഭവങ്ങളെന്ന് പറയുന്നത് ഒരു വസ്തുവിനെ സംബന്ധിച്ച് പരസ്പരവിരുദ്ധമായ അനുഭവങ്ങളുണ്ടാകാം വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളുണ്ടാകും പക്ഷെ അത് വിരുദ്ധമാകുമ്പോഴും പ്രശ്നമാണ് ഒരു വസ്തുവിനെ സംബന്ധിച്ച് വ്യത്യസ്ത അനുഭവങ്ങളുണ്ടാകും പക്ഷെ അത് വിരുദ്ധമാകുക എന്ന് വെച്ചാൽ ഒന്ന് മറ്റൊന്നിനെ ഖണ്ഡിക്കുമ്പോൾ അത് പ്രശ്നമാണ് അതൊരു സത്യം ഏതാണെന്ന് അറിയാൻ മനുഷ്യൻ കഴിയും വ്യത്യസ്ത അനുഭവങ്ങൾ ഉണ്ടാകും ഒരു കറി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ കഴിക്കുമ്പോൾ എനിക്ക് ഉണ്ടാകുന്ന ടെസ്റ്റ് ആയിരിക്കില്ല വേറൊരാൾ കഴിക്കുമ്പോൾ അയാൾക്ക് ഉണ്ടാകുന്ന ടെസ്റ്റ് അത് വ്യത്യാസം പക്ഷെ വിരുദ്ധങ്ങളായി പരസ്പരം ഖണ്ഡിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് പ്രശ്നം എന്താണെന്ന് അതിലെ യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്താൻ പറ്റില്ല അതുകൊണ്ട് ഈ ആത്മനിഷ്ഠമായ ചിന്തകളുടെ സ്ഥിരം വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളുണ്ടാവും സ്വാഭാവികമാണ ആത്മനിഷ്ഠതയിൽ വരുന്ന പ്രശ്നങ്ങൾ എന്നാൽ ഇതിന് നേരെ വിപരീതമായ എന്താണ് വസ്തുനിഷ്ഠമായ ചിന്തകൾ എന്താണ് എപ്പോഴും ആശയങ്ങൾ മാറിക്കൊണ്ടേ അത് ഒന്നിന് വേറെ പിന്തുടർന്നും നമ്മുടെ പ്രത്യേകത മാറിക്കൊണ്ടിരിക്കും നീക്കിഷ്ടമുള്ള സ്വീകരിക്കുക ഇഷ്ടമുള്ള സ്വീകരിക്കുക അത് മാറിക്കൊണ്ടിരിക്കും തലമുറകളോളം കലാകാല സനാതനം എന്ന് പറഞ്ഞ് വസ്തുനിഷ്ഠമായ ഒരു ചിന്തയും നിലനിക്ക് എല്ലാം മാറി സനാതനമെന്നണ്ടായ ഇന്നിപ്പോ ഈ സനാതനം ഒരു ചർച്ചയുള്ള സമയം പു പുറമേ നടക്കുന്ന ചർച്ചകൾ എന്റെ ചർച്ചയിൽ നിങ്ങളും കൂട്ടിയോജിപ്പിക്കുന്നു ഞാൻ സനാതനത്തെ ചർച്ച ചെയ്യുന്നത് ശാസ്ത്രചിന്തയാണ് ദാർശനികമായ ചിന്തയാണ് പുറമേ നടക്കുന്ന എന്ന് പറയുന്നത് എന്താണ് എന്ന് അത് രാഷ്ട്രീയ ചിന്തയാണ് കക്ഷി രാഷ്ട്രീയ ചിന്തയാണ് ആഗമികമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കും അപ്പോഴാണ് നിങ്ങൾക്ക് എന്നോട് ശത്രുതുന്നത് കാരണം നിങ്ങൾ ചിന്തിക്കുന്നത് എല്ലാം നിങ്ങളെന്ന് പറഞ്ഞ പൊതുവേ എന്റെ ശ്രോതാക്കളെ കുറിച്ച് പറയാം കാരണം എല്ലാവരും കക്ഷി രാഷ്ട്രീയ ഭക്തന്മാരാണ് ഈശ്വരഭക്തന്മാരാണ് നിങ്ങളെല്ലാം കക്ഷി രാഷ്ട്രീയ ഭക്തന്മാരാണ് അപ്പോൾ ആ കക്ഷി രാഷ്ട്രീയ ഭക്തി അനുസരിച്ച് നിങ്ങൾക്ക് ഇതൊക്കെ ചിന്തിക്കാൻ പറ്റും ഞാൻ പറയുകയും ഞാൻ പറയുന്നതുമായിട്ട് ഒക്കത്തില്ല കാരണം വ്യത്യസ്തമായ കക്ഷി രാഷ്ട്രീയങ്ങൾക്കനുസരിച്ച് നിങ്ങൾ സനാതനത്തെ വിലയിരുത്തുമ്പോൾ അത് ശരിയാവും ഞാനുണ്ടായാലും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് എന്താണോ ശാസ്ത്രം ചരിത്രം വേണ്ടിവന്ന ചരിത്രം ശാസ്ത്രത്തിന് ഒരു ചരിത്രം ഉണ്ടാക്കുകയും ദർശനം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അത് ഇതുമായിട്ട് പെട്ടെന്ന് ബന്ധിപ്പിക്കരുത് അതും ഇതുമായിട്ടൊരു ബന്ധം ഞാനങ്ങനെയുള്ള കക്ഷി രാഷ്ട്രീയ ചർച്ചയിലേക്ക് ഇടപെടാറുകയില്ല എന്നോട് പലതും അഭിപ്രായം ഞാൻ ഇത് തന്നെ പറഞ്ഞത് അത് രാഷ്ട്രീയ ഭക്തന്മാരുടെ ചിന്തയാണ് ആശ്രമങ്ങളൊക്കെ മൊത്തം ഈശ്വര ഭക്തന്മാർ വീട്ടില്ല രാഷ്ട്രീയ ഭക്തന്മാരായി എല്ലായിടത്തും ആ ഒരു ഭക്തിയോ മനുഷ്യ ഇവിടെ ഇപ്പൊ കഴിയുന്നവരൊരു അമ്മയുടെ ഭക്തന്മാരാണ് പരമ്പരതെ പറയുന്നത് എല്ലാ രാഷ്ട്രീയ ഭക്തന്മാരാണ് മറ്റതും കാണുമ്പോൾ വെച്ചു എല്ലാവർക്കും രാഷ്ട്രീയ ഭക്തി അവിടെ കക്ഷി രാഷ്ട്രീയ ഭക്തി അപ്പോ എല്ലാ കാര്യങ്ങളും അതിന്റെ അടിസ്ഥാനത്തിൽ വിവരത്തി ഞാനിവിടെ വന്നിരുന്ന ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞ് എന്നോട് നിങ്ങൾക്ക് ദേഷ്യം എനിക്ക് വിവരമില്ലാന്ന് വിധിയത് ബോധമില്ലാത്ത ഇന്ന് ഇവിടുന്ന് അടിച്ചു ഓടിക്കുന്നു എന്തുകൊണ്ട് രാഷ്ട്രീയ ഭക്തി കൂടിപ്പോയി രാഷ്ട്രീയം ചർച്ച എന്തിനുള്ളത് സനാതനത്തെ കുറിച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെട്ടിയിൽ എത്ര വോട്ട് വീഴും അതാണ് അവരുടെ ലക്ഷ്യം അതിപ്പോഴും സനാതന വോട്ടിയിലത് നമ്മുടെ പെട്ടിയിൽ ഇതുകൊണ്ട് എത്ര വോട്ട് കേറ്റാൻ പറ്റും അതിനനുസരിച്ച് തിരിച്ചും മറിച്ചു നോക്കുക സനാതനത്തെ കുറിച്ച് ചന്ദ്രഹാര ചിരന്തനം ചില എല്ലാവരും പാണ്ടീലി മനസ്സിൽ തൊട്ട് ചാലോ സിദ്ധാന്തവും നിങ്ങൾ പഠിച്ച ഒരു സൂത്രമാണ് അവയങ്ങളിൽ നിന്നെല്ലാം തത്ര ഭർത്ഥത്തിൽ ട്വിൽ ട്വിൽ ട്വൽ രണ്ട് പ്രത്യയങ്ങളൊന്നും തന്നെയും വന്നു കഴിഞ്ഞാൽ ഈ സായന്ദനം ഇങ്ങനെയുള്ള ശബ്ദങ്ങളെല്ലാം രൂപ എന്തുള്ളത് എന്നുള്ള നിത്യം ഒന്നും ഉടയുന്നതെ ഏർപ്പെടുന്നു ഇത് ഇങ്ങനെ ആവർത്തിച്ചു വന്നുകൊണ്ട് പല ആചാര്യന്മാർക്കും പല പല പ്രശ്നങ്ങളും മനസ്സിലുസരിച്ച് വ്യാഖ്യാനിച്ചിരിക്കുന്നത് എന്താണ് സ്നാതനം വെച്ച പഴയ മീമാംസൈലി ഉത്പാദ്യം വികാര്യം ആപ്യം സംസ്കാരിയം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അതായത് ഒരു ക്രിയേറ്റീവ് കർമ്മമായി കഴിഞ്ഞാൽ വന്നു ഒന്നുകിലത് ഉത്പാദ്യമോ അല്ലെങ്കിൽ വികാരി അല്ലെങ്കിൽ സംസ്കാരിയോ അല്ലെങ്കിൽ ആപ്യമാവും ഇങ്ങനെ പലതും പറയാം അത് സാധാരണ മുമ്പ് ഞാൻ വിശദീകരിച്ചിട്ടുള്ള സാധാരണ ഉദാഹരണം വെച്ച് ഉത്പാദ്യം അവർ പറയുന്നതൊക്കെ മീമാംസര ഉദാഹരണങ്ങൾ എടുത്താണ് ഞാൻ സാധാരണ ഉദാഹരണം എടുത്ത് പറയാം അരി നമ്മള് അത് ഉത്പാദ്യമാണ് എന്തുകൊണ്ട് അതൊരു ക്രിയയുടെ കർമ്മമാണ് അത് വികാരിയമാണ് അത് വെറുതെ വെച്ചിരുന്ന കേടായിട്ടു അതുകൊണ്ട് അത് ഇവിടെ ഒരു ക്രിയ സംഭവിക്കും ആപ്യം എന്താണ് അത് കൃഷിയിൽ ഉണ്ടാക്കിയെടുക്കത്തക്കാണ് പ്രാപിക്കത്തക്കതാണ് ആപ്യം സംസ്കാരം അതിനെ വറുത്തു നിന്ന് ചോറായിരിക്കുക ദോശ എന്താക്കുക എന്ന സംസ്കാരമാണ് എന്താ സംഭവിക്കുന്നത് ഈ അരി എന്ന് പറയുന്ന ഒരേ ഒരു വസ്തു തന്നെ പലതരത്തിലുള്ള ക്രിയകൾക്ക് വിധേയമാണ് അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഏത് വസ്തുവിനെടുത്താലും ക്രിയകൾക്ക് വിധേയമാകുന്നുണ്ട് ഉത്പാദ്യ ആത്മ്യം വികാരി സംസ്കാരം ഇങ്ങനെയുള്ള ക്രിയകൾക്ക് വികാരിമാകുന്നു വിഷയമാകുന്നുണ്ട് ഇതൊന്നും സനാതനമുണ്ട് അങ്ങനെ ആകാത്ത എന്താണോ അത് സനാതനം അപ്പൊ സദാ സനാതനം എന്ന് പറയുന്ന ഈ വാക്ക് ഒരേ ഒരു വസ്തുവിനെ ഉപേക്ഷിക്കാൻ ഉപയോഗിക്കാൻ പറ്റും എവിടെ പ്രപഞ്ചാതീതമായിരിക്കുന്ന ആത്മാവാണ് വേറെ ഒന്നിനും സനാതനവും ശബ്ദം ചേർക്കാൻ പറ്റില്ലെന്നാണ് ആര് പറയുന്നത് എല്ലാവരും അതിൽ നിന്ന് പറയും നമ്മുടെ എല്ലാ കാര്യന്മാർ നിങ്ങളിപ്പോ ഉപയോഗിക്കുന്നിടത്തൊന്നും തന്നെ സനാതനവും തന്റെ ശബ്ദം ചേർക്കാൻ പറ്റും കാരണം അതെല്ലാം എന്താ പറയുക ഉത്പാദനം ആത്മീയ സംസ്കാരം ഇതിന് ഏതെങ്കിലും പെടുന്നേ അങ്ങനെ അല്ലാതെ നടത്തി ശീതകണ്ഠാചാര്യ പറയുന്നത് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത് എന്താണോ അദ്ദേഹം പറയുന്നത് ഒന്നിനെ സനാതനം എന്ന് പറയാൻ പറ്റും അതും ആത്മാവിന്റെ യോജിക്കും വേറെ ഒന്നിനെ യോജിക്കത്തില്ല കാല പരിച്ഛേദ്യം കാലം കൊണ്ട് പരിമിതപ്പെടുന്ന നമ്മളൊക്കെ തന്നെ നമ്മുടെ ശരീരം നമ്മളെല്ലാം ജയിക്കുകയും വരികയും പക്ഷെ മൃഗാല് കല ജനിക്കുകയും വരികയും ചെയ്യുന്ന ഇതെല്ലാം കാലപരിച്ഛദ്യമാണ് ആത്മാവ് അങ്ങനെയുള്ളതൊന്നുമില്ല പിന്നെ ദേശം ദേശപരിച്ഛദ്യം പഴയ ചിന്താഗതി അല്ലെങ്കിൽ ഇന്നത്തെ ചിന്താഗതി പറയാം എന്റെ ഉമ്മൻ്റെ രീതി പുസ്തകം ദേശപരിച്ഛദ്യമാണ് ഈ ദേശത്തെ ഇരിക്കാൻ പറ്റും വേറെ ദേശത്തിരിക്കാൻ പറ്റില്ല കൊണ്ട് ദേശ പരിച്ചേത്തിവാണ് ആത്മാവ് അങ്ങനെ വിഭവമാണ് പിന്നെ വസ്തുപരിച്ചു അത് സാധാരണ പ്രസിദ്ധമായി പറയുന്നു എന്നുണ്ട് വൃക്ഷസ് ശബദോഭേദം പുഷ്പപത്രാതിപത്രം സിരാതിക ഒരു വൃക്ഷത്തെടുത്ത് അതിൽ സ്വഗതഭേദം സുഗതഭേദം വൃക്ഷത്തിനകത്ത് തന്നെ ഭേദങ്ങളുണ്ട് പുഷ്പമല്ല ഫലം ഫലമല്ല ശിഖരം ശിഖരമല്ല പത്രം എല ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഭേദങ്ങൾ വൃക്ഷത്തിൽ തന്നെയാണ് അപ്പൊ സനാതനം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഭേദം സ്വഗതഭേദം തന്നിൽ തന്നെ വരുന്ന ഭേദങ്ങളില്ലാത്തതിനെ സ്വഗതഭേദരഹിതം വൃക്ഷത്തിൽ സ്വഗതഭേദമാണ് അതാണ് വൃക്ഷത്തിൽ പുഷ്പാന്തര സജാധികം രണ്ട് വൃക്ഷങ്ങളെടുക്കുക ആ മാവല്ലാത്ത ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് കന്നല്ലമാജാതീയ ഭേദ എന്നാൽക്കൊണ്ട് ആത്മാവ് അങ്ങനെ തന്നെ ആത്മാവിന് സജാതീയമായി മറ്റൊന്നുമില്ല വിജാതിന്റെ വൃക്ഷമല്ല പാറ പാറയുള്ള വൃക്ഷം വിജാതീയമായ ഒന്നുമുള്ള ഭേദം വൃക്ഷത്തിലുണ്ട് വൃക്ഷത്തിന്റെ സജാതീയങ്ങളാണ് പലതരം വൃക്ഷങ്ങൾ വൃക്ഷത്തിന്റെ വിജാതിയുമാണ് വൃക്ഷം ഉണ്ടാകുന്നത് അതിൽ നിന്നാണുള്ള ഭേദം വൃക്ഷത്തിലുണ്ട് ഓ വൃക്ഷാന്തര സജാതീയം വിജാതീയ ശിലാതിരാതികളിൽ നിന്നുള്ള ഭേദം ഒരു വൃക്ഷത്തെടുക്കുക അത് സുഗത ഭേദമുണ്ട് തന്നെ തന്നെ ഭേദമുണ്ട് സജാതീയ വൃക്ഷങ്ങളിൽ നിന്ന് ഭേദമുണ്ട് വിജാതീയമായ ശിരാദികളിൽ നിന്ന് ഭേദമുണ്ട് പലതരത്തിലുള്ള ഭേദവും സനാതനമായ ആത്മാവിലാണെന്നോ അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ഭേദവും ഇല്ല ആ ഭേദമില്ലാതിരിക്കുന്നതിനാണ് വസ്തുപരിച്ഛേദം അല്ല മൗസൂർ സസ് വളരെ ലക്ഷണങ്ങളൊക്കെ ഉപയോഗിച്ച് വളരെ വിശദമായ രേഖ ഗീതയുടെ ഭാഷത്തിൽ തന്നെ ചിലപ്പോ മനസ്സിലാക്കാവുന്നില്ല അങ്ങനെ പറയണമെങ്കിൽ സജാതീയ വിജാതീയ സുഗത ഭേദം ഇല്ലാത്ത ഒന്നാണ് സനാതനം എന്ന് പറയുമ്പോ അത് സനാതനുവാ ഒന്നിനെ യോജിപ്പിക്കുക ആത്മാവിന് മാത്രം വേറെ ഒന്നുകൂടെ സനാതനം ഉണ്ട് ഇതാണ് ഞാൻ എപ്പോഴും പറയും ഇത് നമുക്ക് രാഷ്ട്രീയ ചർച്ചക്കാരിൽ രാഷ്ട്രീയ ഭക്തി ഭക്തന്മാരെക്കുന്നത് പറയാൻ പറ്റും അവരൊരിക്കുന്നതൊന്നും അംഗീകരിക്കത്തില്ല വോട്ട് പെട്ടി രാഷ്ട്രീയം കളിക്കുന്നവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല പറഞ്ഞാലും മനസ്സിലാവില്ല കാരണം എല്ലാത്തിന്റെ തലയിൽ എന്താണോ ഈ വോട്ട് രാഷ്ട്രീയമാണെങ്കിൽ ഇതൊന്നും ആൾക്കാർ തലയിൽ കയറാൻ നമ്മുടെ ഇടമില്ല സ്ഥലമില്ല നമ്മള് സനാതനം എന്ന് പറയുന്നതിന്റെ അർത്ഥമില്ല അത് ആത്മാവിനെ മാത്രമേ യോജിക്കൂ എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രാമാണികന്മാരായ ആചാര്യന്മാരെല്ലാം പറഞ്ഞു വേറെന്തിനും അവർ യോജിക്കത്തില്ല ഇക്കാര്യത്തിൽ അവരെല്ലാവരും യോജിക്കുന്നുണ്ട് എല്ലാവരും ഒരേ അർത്ഥം എന്ന് പറയും പല രീതി ഒരാള് ക്രിയയുടെ കർമ്മം അല്ല എന്നുള്ള രീതി വ്യാഖ്യാനിക്കുന്നു ഒരാൾ പരിച്ഛേദരഹിതമെന്നുള്ള രീതി വ്യാഖ്യാനിക്കുന്നു ഒരാൾ അനാദിയാണെങ്കിൽ വ്യാഖ്യാനിക്കുന്നു ഒരാൾ ചിരം എന്നുമുള്ളതെന്ന് വ്യാഖ്യാനിക്കുന്നു എല്ലാം യോജിക്കുന്ന വ്യാഖ്യാനങ്ങൾ ഇതിനപ്പുറം ഇത് വ്യക്തി നിങ്ങൾക്ക് ഭൗതികമായ ഏതൊന്നിനെയാണ് നിങ്ങൾക്ക് സനാതനം എന്ന് പറയാൻ ഭൗതികമായ സനാതനാണ് ഇവിടെ നമ്മുടെ ദർശനങ്ങൾ അനുസരിച്ച് ഞാൻ പറ്റും ഭൗതിക ശാസ്ത്രം അനുസരിച്ച് പ്രത്യേകിച്ചും ഭൗതിക ശാസ്ത്രം അനുസരിച്ചാണെന്ന് അവർ പറയുക എന്താണ് ഓർജിനൽ സനാതനാണ് എന്നുള്ളത് അതിന് കണ്ണോട് അത് സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയാത്തത് എന്നൊന്നും തോന്നാമല്ലോ ഞാൻ ഭൗതിക ശാസ്ത്രത്തിന്റെ കാര്യമില്ല അവരെ നമ്മുടെ ദർശനങ്ങൾ ആധ്യാത്മികമായ ശാസ്ത്രങ്ങൾ അനുസരിച്ച് പറഞ്ഞുകഴിഞ്ഞാൽ ശരിയായാട്ടെ അപ്പൊ സനാതനത്തിന് നിത്യം എന്ന് പറഞ്ഞാലും പോലെ അതുകൂടെ മനസ്സിലാക്കും നിത്യം ഒന്നുള്ളതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ അതിന് നിഷേധിച്ചിട്ടാണ് സനാതനത്തെ സ്ഥലം ആണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതായത് ന്യായവൈശേഷികന്മാരെ പരമാണുക്കളെ നിത്യമായി സ്വീകരിക്കും പക്ഷേ സനാതനം അതിനും വിപുലമായ അർത്ഥമാണ് എന്തുകൊണ്ട് അത് വസ്തുപരിഛിന്നമാണ് അതുകൊണ്ടാണ് സനാതനം സനാതനത്തിൽ അതിന് വിരുദ്ധമായൊരു അർത്ഥമാണ് പറയുന്നത് ദർശനങ്ങൾ എന്നുവെച്ചാൽ സജാതീയ വിജാതീയ സുഖേദൂന്യമായ അതിന് മറ്റൊന്നും ആകാശം പോലും അങ്ങനെയല്ല ആകാശത്തിലും സജാതീയ ഭേദമല്ല ആകാശം അല്ലാത്ത ആത്മാവിൽ അങ്ങനെയൊന്നും ഭേദം പറയാൻ പറ്റും അതുകൊണ്ട് നിത്യം എന്ന അർത്ഥം പറഞ്ഞാലും അത് അതുകൊണ്ടാണ് നിലകൊണ്ടാകുന്നതിനായി അങ്ങനെ വ്യാഖ്യാനിച്ചു എന്താണ് കാല ദേശ വസ്തു പരിച്ഛേത് ശൂന്യമായിരിക്കുന്നത് ആത്മാവിനെ അല്ലാതെ വേറെ ഒന്നിനെ അങ്ങനെ വിശേഷിപ്പിക്കാൻ കഴിയും അത് അപ്പൊ അതിന് ഇത്ര വിപുലമായ അർത്ഥമാണ് വ്യാഖ്യാനമാണ് അത് ചെയ്തിരിക്കുന്ന അങ്ങനെയുള്ള സനാതനമാണ് എന്ത് ആത്മാവ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലുകൾ